जयति रघुवंशतिलक कौसल्याृदय रामह दशवदन निधनकारी कारी दाशर पुंडरीका रघुवंश तलंगारबूधनम ോകരക്ഷാരൂപവുമായ സ്വധർമാനുഷ്ഠാനത്താൽ മാതാവായ കൌസല്യയുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനും ലോകങ്ങളെ കരയിച്ചിരുന്ന രാവണനെ സംഹരിച്ച് ധർമ്മത്തെ പ്രതിഷ്ഠിച്ചവനും ദശരഥപുത്രനും താമരദളം പോലെ വികസിച്ച നേത്രങ്ങളാൽ അഭിരാമനുമായ ശ്രീരാമചന്ദ്രൻ സർവോൽകർഷേണ വർത്തിക്കുന്നു ഉത്തരകാന്ഡം ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം സ്വർഗാരോഹണം വരെ നീണ്ടുനിൽക്കുന്ന ചരിത്രത്തിന്റെ രസകരമായ വർണ്ണനമാണ് ഉത്തരകാന്ഠത്തിലെ ഉള്ളടക്കം പല വിഷയങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുമുണ്ട് രസകരമായ ആ കഥാഗോളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണ ജനങ്ങൾ ലൌകിക ജീവിതത്തിൽ എങ്ങനെ പെരുമാറണമെന്ന തത്വത്തെ കഴിഞ്ഞ ആറ് കാാണ്ഡങ്ങളിൽ എത്രമാത്രം വിശദമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെക്കൂടി അല്പമൊന്ന് വിവരിക്കാൻ ശ്രമിക്കാം രാമായണത്തെ പാരായണം ചെയ്യാറുള്ള ഭക്തന്മാർ മിക്കവാറും ആറുകാണ്ഡങ്ങളെ ഉപയോഗിച്ചു വരാറുള്ളൂ ഉത്തരകാന്ഡത്തെ അധികം പേരും വിട്ടൊഴിക്കലാണ് പതിവ് അതാണ് ഈ വിഷയം ഇവിടെ കഴിച്ച് ഉത്തരകാന്ഡ കഥയിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നാനും കാരണം ജ്യേഷ്ഠനും അനുജനും അച്ഛനും മകനും അമ്മയും മകനും ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ഇരുന്നാൽ ശ്രേയസുണ്ടായി തീരുമെന്നും ഉപന്യസിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ആരുടെയെല്ലാം അപരാധത്തെ പൊറുക്കണം ആരോടെല്ലാം പ്രതികാരം ചെയ്യണം ബന്ധുവാര് ശത്രുവാര് ബന്ധുവിനോടെങ്ങനെ പെരുമാറണം എന്നിവയും വളരെ ചമൽക്കാരത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇവയെല്ലാമാണല്ലോ ലോകജീവിതത്തിൽ ഒരാൾ മുഖ്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന വിഷയങ്ങൾ ശ്രീരാമനും ലക്ഷ്മണനും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു ബാലിയും സുഗ്രീവനും തമ്മിലും ഭ്രാതൃത്വമാണുള്ളത് രാവണനും വിഭീഷണനും അതുപോലെ ജ്യേഷ്ഠാനുജന്മാരാണ് പക്ഷെ എത്ര വ്യത്യാസമാണ് ഈ മൂന്ന് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ളത് തന്റെ ജ്യേഷ്ഠനായ രാമചന്ദ്രൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോൾ എന്തൊക്കെ കിട്ടിയാലും താൻ നാട്ടിലിരിക്കില്ലെന്നും ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് കാട്ടിൽ തന്നെ കഴിഞ്ഞോളാമെന്നും പറഞ്ഞ ലക്ഷ്മണന്റെയും ഭരതന്റെയും പരമനിഷ്കളങ്കവും അസൂയാവഹവുമായ ഭ്രാതൃസ്നേഹം എത്ര തന്നെ മതിയാവുന്നതല്ല അനുജന്മാരുടെ ഏതപരാധവും ക്ഷമിക്കാൻ രാമചന്ദ്രൻ തയ്യാറാണ് അവരുടെ ഏതഭീഷ്ടത്തെയും അനുവദിച്ചുകൊടുക്കാനും മടിയില്ല അങ്ങനെ തന്നെ ജ്യേഷ്ഠന്റെ ഏതഭിപ്രായത്തോടും യോജിക്കാനും ഏതാജ്ഞയെയും ഗുരു കൽപ്പന പോലെ മാനിച്ച് പ്രവർത്തിക്കാനും എല്ലാ അനുജന്മാരും തയ്യാറായിരുന്നു അതുപ്രകാരം ചെയ്തിട്ടുമുണ്ട് എന്നാൽ തന്റെ അനുജനായ സുഗ്രീവന്റെ അവിവേകപൂർണമായ ഒരു അപരാധത്തെ ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ബാലിയും സുഗ്രീവനും ഭ്രാതാക്കളായിട്ടിരുന്നിട്ടുകൂടി മരണപര്യന്തം ശത്രുക്കളായി തന്നെ കഴിയേണ്ടി വന്നത് തന്റെ ജ്യേഷ്ഠനെ വേണ്ട പോലെ കാര്യം മനസ്സിലാക്കിച്ച് സമാധാനിപ്പിക്കാൻ വേണ്ടത്ര കഴിവോ വിവേകമോ ഭക്തിയോ എന്തോ ഒന്നും സുഗ്രീവൻ ബാലിയെ രാമചന്ദ്രനെ കൊണ്ട് കൊല്ലിച്ചത് അവിവേകിയായ അനുജന്റെ ഒരപരാധത്തെ പുറത്തിരുന്നെങ്കിൽ ബാലിക്ക് അകാലത്തിൽ ഈ അത്യാഹിതം നേരിടില്ലായിരുന്നു തന്റെ അഭിപ്രായത്തിന് യോജിച്ചതല്ല ജ്യേഷ്ഠന്റെ അഭിപ്രായവും പ്രവൃത്തിയുമെന്ന കാരണത്താൽ വിഭീഷണൻ നല്ലവനെങ്കിലും രാവണന്റെ ശത്രുവായ ശ്രീരാമചന്ദ്രനെ ആശ്രയിച്ചു ശ്രീരാമചന്ദ്രൻ ഈശ്വരനാണെങ്കിൽ കൂടി തന്റെ ജ്യേഷ്ഠനായ രാവണന്റെ ദൃഷ്ടിയിൽ കേവലം ശത്രു മാത്രമാണ് ശത്രുവിന് ജ്യേഷ്ഠന്റെ സർവ്വരഹസ്യങ്ങളും പറഞ്ഞുകൊടുത്തു യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ഒപ്പം നിന്ന് ജ്യേഷ്ഠനെ കൊല്ലിച്ചു അത്യന്ത നീചമായ സൗഭ്രാത്രമാണ് രാവണ വിഭീഷണന്മാരുടേത് തന്റെ ജ്യേഷ്ഠന്റെ സേവനത്തിനു വേണ്ടി മാത്രം തന്റെ സർവ്വസുഖങ്ങളെയും ആഹാര നിദ്രകളെക്കൂടിയും ഉപേക്ഷിച്ച് പതിനാല് കൊല്ലം കാട്ടിൽ കഴിച്ചുകൂട്ടിയ ലക്ഷ്മണനും ജ്യേഷ്ഠൻ അവകാശപ്പെട്ട രാജപദവിയെ താൻ എന്തുവന്നാലും സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ് തപസ്വിയായി കഴിഞ്ഞ ഭരതനും പരിപാവനമായ സൌഭ്രാത്രത്തിന്റെ വിജയധ്വജങ്ങളാണ് ജ്യേഷ്ഠന്റെ അഭിപ്രായ വ്യത്യാസത്തെ പൊറുക്കാൻ കഴിയാതെ ശത്രുവിനെക്കൊണ്ട് രാവണനെ കൊല്ലിച്ച വിഭീഷണനും ജ്യേഷ്ഠന് കീഴ് തൂങ്ങി ജീവിക്കാൻ തയ്യാറല്ലാതെ ബാലിയെ കൊല്ലിച്ച സുഗ്രീവനും അവരുടെ ഭ്രാതൃസ്നേഹത്തിൽ എത്ര വമ്പിച്ച കളങ്കമാണ് വരുത്തിവെച്ചത് എന്തെല്ലാം അവിവേകങ്ങളോ അഭിപ്രായ ഉണ്ടായിരുന്നാൽ കൂടി ജ്യേഷ്ഠാനുജന്മാർ അന്യൂനം പൊറുക്കലല്ലാതെ ഒരിക്കലും പിണങ്ങാനിട വരരുതെന്ന് എത്ര ഭംഗിയിലാണ് ഇവരിൽ കൂടി ഉപന്യസിച്ചിരിക്കുന്നത് സുഗ്രീവനെന്ന അനുജനുണ്ടായിരുന്നില്ലെങ്കിൽ ബാലിക്കോ വിഭീഷണനെന്ന അനുജനുണ്ടായിരുന്നില്ലെങ്കിൽ രാവണനോ ഇത്രവേഗം മരിക്കേണ്ടി വരുമായിരുന്നില്ലെന്നുപോലും തോന്നും അവരുടെ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിനാൽ ജ്യേഷ്ഠാനുജന്മാർ ബാലി സുഗ്രീവന്മാരെ പോലെയോ രാവണ വിഭീഷണന്മാരെപ്പോലെയോ അല്ല രാമലക്ഷ്മണന്മാരെപ്പോലെയാണ് ജീവിക്കേണ്ടത് അന്യോന്യം സംഭവിക്കാവുന്ന അപരാധങ്ങൾ മറക്കാനും പൊറുക്കാനും അഭിപ്രായങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനും അവർ തയ്യാറാവണം എങ്കിലെ സൌഭ്രാത്ര സുഖത്തിന്റെ സ്വാദ് അനുഭവിച്ചു ജീവിക്കാൻ കഴിയും സുഗ്രീവനും വിഭീഷണനും ശ്രീരാമചന്ദ്രനോട് കാണിച്ച ഭക്തിവിശ്വാസങ്ങളുടെ പത്തിലൊരംശം തങ്ങളുടെ ജ്യേഷ്ഠന്മാരോട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് വ്യക്തമാണ് ക്ഷ്മണനാകട്ടെ രാമചന്ദ്രനോടുള്ള ഭക്തിവിശ്വാസങ്ങൾ മറ്റാരോടും കാണിച്ചിട്ടില്ല ലക്ഷ്മണൻ തന്റെ ജ്യേഷ്ഠന്റെ മഹിമകളെ വാഴ്ത്തിപ്പറയുമ്പോൾ സുഗ്രീവനും വിഭീഷണനും അവരുടെ ജ്യേഷ്ഠന്മാരുടെ പല കുറ്റങ്ങളെയും പറഞ്ഞു ചെയ്തത് ഇങ്ങനെ അനേകമനേകം പ്രകാരത്തിൽ രാമലക്ഷ്മണന്മാരുടെ അത്യന്തസുന്ദരമായ സൌഭ്രാത്രത്തെയും ബാലിസുഗ്രീവന്മാരുടെയും രാവണ വിഭീഷണന്മാരുടെയും സൌഭ്രാത്രത്തിന്റെ നീചത്വത്തെയും വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് ജ്യേഷ്ഠാനുജന്മാർ രാമലക്ഷ്മണന്മാരെ പോലെ ഇരിക്കണമെന്നാണ് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഏറ്റവും മഹനീയമായ ആദർശം അച്ഛനായ ദശരഥ മഹാരാജാവിന്റെ പ്രതിജ്ഞയെ നിറവേറ്റാൻ വേണ്ടി എന്തൊരു മഹാത്യാഗമാണ് രാമചന്ദ്രൻ ചെയ്തത് തനിക്കവകാശപ്പെട്ടതും തനിക്ക് വന്നു ചേർന്നതുമായ രാജശ്രീയെ നിശ്ശേഷം പുല്ലുപോലെ തള്ളിക്കളഞ്ഞു മാത്രമല്ല ഒരു സാധാരണ പൌരന്റെ നിലയ്ക്ക് ജീവിക്കാനുള്ള അവകാശത്തെപ്പോലും ഉപേക്ഷിച്ച് പതിനാല് കൊല്ലം കാട്ടിൽ ചുറ്റി നടക്കാൻ പോലും തയ്യാറായി ആരൊക്കെ തടുത്തിട്ടും സമാധാനിപ്പിച്ചിട്ടും തന്റെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയില്ല എന്തൊരു പിതൃഭക്തിയാണിത് തന്റെ പിതാവിന്റെ പ്രതിജ്ഞയെ താൻ പിന്നെ ആര് നിറവേറ്റുമെന്നാണ് രാമചന്ദ്രന്റെ ചോദ്യം ഒരു പുത്രൻ പിതാവിനോട് കാണിക്കേണ്ട ഭക്തിയാദരങ്ങൾ ഇവിടെ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു ഇതുപോലെയാണ് പിതൃപുത്രന്മാർ അന്യോന്യം പെരുമാറേണ്ടത് എന്നാൽ അതേസമയത്ത് മറ്റൊരു കാര്യം കൂടി ഇവിടെ വ്യഞ്ചിക്കുന്നുണ്ട് ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യന്മാരിൽ പുത്രന്മാരുണ്ടായതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ നേരിട്ടത് ഒരു ഭാര്യയിൽ മാത്രമായിരുന്നു നാല് പുത്രന്മാരെന്ന് വന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ജ്യേഷ്ഠപുത്രനുള്ളതാണ് രാജ്യം അതെല്ലാവർക്കും ബോധ്യമാണ് അനുജന്മാർ അത് വകവെച്ചു കൊടുക്കാനും തയ്യാറായിരിക്കും ഒരു പത്നിയുടെ പുത്രന്മാർക്കിടയിൽ തന്നെ പിതൃസ്വത്തിനെ സംബന്ധിച്ച് വിവാദമുണ്ടാവാമെന്നിരിക്കെ മൂന്ന് പത്നിമാരിൽ പുത്രന്മാരുണ്ടായാൽ പിതൃസ്വത്തിൽ പല വിവാദങ്ങളും അതിനെ സംബന്ധിച്ച് പല അനിഷ്ടങ്ങളും ഉണ്ടാവുമെന്നും ഇതിൽ നിന്ന് ധനിക്കുന്നുണ്ട് എന്നാൽ പുത്രന്മാരൊക്കെ സൽസ്വഭാവികളും പിതൃഭക്തിനിരതന്മാരുമായതിനാൽ ഇത്രത്തോളമേ അനിഷ്ടമുണ്ടായുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെയും അവസാനിക്കുമായിരുന്നില്ല ശ്രീരാമനും ഭരതനും തമ്മിൽ യുദ്ധം പോലും വിരോധമില്ല അതിനാൽ ഒന്നിലധികം പത്നിമാരിൽ പുത്രന്മാരുണ്ടായിത്തീരുന്നത് ആർക്കായാലും ഗാർഹിക ജീവിതത്തിൽ പല അലങ്കോലങ്ങളെയും ഉണ്ടാക്കിവയ്ക്കുമെന്നും ഇവിടെ ധ്വനിപ്പിച്ചിട്ടുണ്ട് ജ്യേഷ്ഠപത്നിയായ സീതാദേവിയുടെ പാദത്തിന് മേലോട്ട് ഒരിക്കലും ലക്ഷ്മണൻ നോക്കിയിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല തന്റെ അമ്മയെപ്പോലെയോ ഗുരുപത്നിയെപ്പോലെയോ ആണ് സീതാദേവിയെ കരുതി വന്നതെന്നും വ്യഞ്ജിപ്പിച്ചിട്ടുണ്ട് അതേസമയത്ത് ബാലിസുഗ്രീവന്മാർ ജ്യേഷ്ഠാനുജന്മാരായിരുന്നിട്ടും അന്യോന്യം ഭാര്യാപഹരണം നടത്തിയതായും കാണുന്നു സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ രാമൻ കേവലം ബ്രഹ്മചാരിയായി കഴിഞ്ഞു എന്നാൽ രാവണൻ സ്വപത്നിയായ മണ്ടോദരിയുടെ മുന്നിൽ വച്ച് സീതയെ പ്രാപിക്കാൻ എന്തെല്ലാം ഗോഷ്ടികളാണ് കാട്ടിലല്ല എവിടെയും സ്വഭർത്താവായ ശ്രീരാമനെ അനുഗമിക്കാനും രാമശുശ്രൂഷയ്ക്കുവേണ്ടി എന്തെന്ത് മഹാക്ലേശങ്ങളെ സഹിക്കാനും സ്വയം ഒരുങ്ങിയ ജാനകീ ദേവിയുടെ പാതിവൃത്തിയനിഷ്ഠയും ഭർതൃസ്നേഹവും അന്യാദൃശ്യം തന്നെ എന്നാൽ ലക്ഷ്മണന്റെ മനസ്സിനെ അറിയാൻ കഴിയാതെ അധിക്ഷേപ വാക്കുകളെ വർഷിച്ചത് സ്ത്രീസഹജമായ സ്വഭാവവിശേഷമായി മാത്രം കരുതിയാൽ മതി ബാലി മാറത്തടിച്ച് നിലവിളിച്ചു മരിക്കാൻ പുറപ്പെട്ട താര പിറ്റേ ദിവസം മുതൽ സുഗ്രീവനെ ശുശ്രൂഷിക്കാൻ പുറപ്പെട്ട ചാബല്യം സീതാദേവിയെ സമീപിക്കപ്പോലും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ താരയെ പഠിക്കാൻ പറ്റുന്നൊരു സൂചന ആദ്യം തന്നെ പറയുന്നുണ്ട് ചാര ചക്ഷുസുള്ള കിഷ്കിന്താ ചക്രവർത്തിയായ ബാലിപ്പോലും അറിയുന്നതിന് മുൻപ് രാമലക്ഷ്മണന്മാർ വന്നതും സുഗ്രീവനുമായി സഖ്യം ചെയ്തതുമൊക്കെ താരയാണറിഞ്ഞത് രണ്ടാമതും സുഗ്രീവൻ യുദ്ധത്തിന് വന്നപ്പോൾ ാര ആ വർത്തമാനം ഭാര്യയോട് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അന്തപുരത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത നീയെങ്ങനെ ഈ നാട്ടുകാര്യങ്ങളൊക്കെ അറിയുന്നു എന്ന ചോദ്യത്തിന് അങ്കതൻ നായാട്ട് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്തു ഇതിൽ നിന്ന് താരയുടെ ബഹിർദൃഷ്ടിക്കെത്രത്തോളം വിശാലതയുണ്ടെന്ന് വ്യക്തമാവുന്നുണ്ട് ശത്രുവിനെ തന്നെ രാജാവാക്കി വാഴിച്ച ശ്രീരാമചന്ദ്രന് സീതാന്വേഷണമാകുന്ന പ്രത്യുപകാരം ചെയ്തുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത സുഗ്രീവൻ തന്റെ കാര്യം കഴിഞ്ഞപ്പോൾ അരമനയിൽ പോയി മധുപാനവും ചെയ്ത് ഭാര്യമാരോടുകൂടി രമിച്ചിരിക്കുകയാണ് ചെയ്തത് ബാലിയെ കൊന്ന തീക്ഷണമായ രാമശരം തന്റെ മാറിലും പതിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴേ തന്റെ പ്രതിജ്ഞയെ നിറവേറ്റാൻ ഇറങ്ങിയുള്ളൂ അതേസമയത്ത് ഹനുമാനാകട്ടെ രാമകാര്യം സാധിച്ചല്ലാതെ വെള്ളം കുടിക്ക പോലും ചെയ്യില്ലെന്ന് ഷ്ടിച്ചു ഹാ എന്തൊരു കൃത്യബോധം എന്തൊരു മഹാമനസ്കഥ സുഗ്രീവന്റെ മന്ത്രിയാണ് ഹനുമാൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവന്നതും സുഗ്രീവനുമായി സഖ്യം ചെയ്യിച്ചതും ബാലിയെ കൊല്ലിച്ചതുമെല്ലാം ഹനുമാനാണ് ആ സ്ഥിതിക്ക് സുഗ്രീവന്റെ പ്രതിജ്ഞയെ നിറവേറ്റുന്നതിൽ സുഗ്രീവനേക്കാൾ ചുമതലയുണ്ട് ആഞ്ജനേയന് അത് തികച്ചും ബോധിച്ചിട്ടുണ്ടായിരുന്നു വായുപുത്രനെന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തിയിലും വ്യക്തമാകുന്നുണ്ട് എങ്കിലും സുഗ്രീവന്റെ ചുമതലാ ബോധമില്ലായ്മ അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നുമില്ല മാരുതി പോലും സുഗ്രീവന്റെ ഈ കൃത്യബോധമില്ലായ്മയിൽ പരിതപിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുമുണ്ട് കൈകേയി ദശരഥനെ ധർമ്മബദ്ധനാക്കി രാമചന്ദ്രന്റെ പട്ടാഭിഷേകം മുടക്കിയത് വമ്പിച്ച അപരാധമായിട്ടേ അയോധ്യയിലെ സകല ജനങ്ങൾക്കും കാണാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ശ്രീരാമചന്ദ്രൻ മാത്രം ഒരു നിമിഷം പോലും കൈകേയിയെ അപരാധിനിയായി കണ്ടില്ല ചിത്രകൂടത്തിൽ ഭരതന്റെ കൂടെ രാജകുടുംബങ്ങളൊക്കെ വന്നപ്പോൾ ശ്രീരാമൻ കൈകേയിയെ പ്രത്യേകം ബഹുമാനിക്കുകയാണ് ചെയ്തത് ഗുരുജനങ്ങളുടെ ഏത് പ്രവൃത്തിയെയും അനുഗ്രഹമായി മാത്രം കരുതുന്ന പുത്രധർമ്മം വളരെ സുന്ദരമായിട്ടിവിടെ പ്രകാശിക്കുന്നു തന്റെ സഹോദരന്മാരെ പ്രാണനിർവിശേഷം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചിത്രകൂടത്തിൽ വച്ച് ഭരതന്റെ ഏതൊരപേക്ഷയ്ക്കും വശമ്മതനായില്ല രാമചന്ദ്രൻ പിതൃഭക്തിയുടെ വിജയധ്വജമാണിവിടെ രാമചന്ദ്രനിൽ പ്രകാശിക്കുന്നത് രാമചന്ദ്രന്റെ സൌന്ദര്യാതിശയത്തെ കണ്ട് കാമപരവശയായി തീർന്ന ശൂർപ്പണക ലക്ഷ്മണനാൽ നാസാച്ഛേദം ചെയ്യപ്പെട്ടപ്പോൾ രാവണന്റെ അടുക്കൽ ചെന്ന് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് പരമസുന്ദരിയായ സീതയെ നിനക്ക് പിടിച്ചുകൊണ്ടുവന്ന് തരാൻ വേണ്ടി പോയപ്പോൾ പറ്റിയതാണ് ഈ അപകടമെന്ന് ഒരു സഹോദരി തന്റെ സഹോദരനോട് പറയുകയാണിത് ധൂർത്തയായ ശൂർഭണയ്ക്കറിയാം തന്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞാലേ രാമനോട് പ്രതികാരം ചെയ്യാനും സീതയെ അപകരിച്ചുകൊണ്ട് പോരാനുമൊക്കെ തയ്യാറാവൂ എന്ന് അങ്ങനെയൊക്കെ ചെയ്താലേ രാമലക്ഷ്മണന്മാരോട് തന്റെ പക വീട്ടാനും പറ്റൂ അതാണ് ആ രാജ്യസഭയിൽ ഈ ലജ്ജയില്ലാത്ത വാക്കുകളെ തന്നെ വിളമ്പിയത് തന്റെ സഹോദരിയുടെ വാക്കുകളുടെ അടിയിലുള്ള തത്വം എന്താണെന്ന് അല്പം പോലും ആലോചന കൂടാതെ കേട്ടതിനെ തന്നെ വിശ്വസിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി രാവണൻ പിന്നീട് എത്ര പശ്ചാത്തപിക്കേണ്ടി വന്നു എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇങ്ങനെ അനേകമനേകം തത്വങ്ങൾ രാമായണത്തിലെ പാത്രങ്ങളിൽ നിന്ന് ലോകജീവിതത്തിലേക്ക് പകർത്താനുണ്ട് ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവുമാണ് ജീവിതത്തിന്റെ വിജയസ്തംഭങ്ങൾ ഇവ മൂന്നും വേണ്ട പോലെയുള്ളവർക്ക് ജീവിതത്തിൽ സർവത്ര വിജയമേ സംഭവിക്കൂ ഇവ മൂന്നുമില്ലാത്തവർക്ക് മറ്റെന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായാൽ കൂടിയും ജീവിതത്തിൽ സർവത്ര പരാജയവും നിത്യദുഃഖവുമാണ് ഫലം പറയപ്പെട്ട മൂന്ന് ഗുണങ്ങളും സീതാരാമലക്ഷ്മണന്മാരിൽ നിറഞ്ഞു പ്രകാശിച്ചിരിക്കുന്നു അതിനാൽ അവരുടെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും വിജയത്തിന്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിന്റെയും പ്രകാശമേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഈ ഗുണങ്ങളില്ലാതിരുന്നതിനാൽ അവരുടെ ജീവിതത്തിൽ സർവത്ര പരാജയത്തിന്റെയും ദുഃഖത്തിന്റെയും കൂരിരുളാണ് നിഴലിക്കുന്നത് കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷിമൃഗാദികൾ പോലും സഹായികളായി തീർന്നു രാമചന്ദ്രന് എന്നാൽ സ്വജനങ്ങളായ രാക്ഷസന്മാർ പോലും ശത്രുക്കളായി രാവണന് ശ്രീരാമനും ഭരതനും തങ്ങൾക്കവകാശപ്പെട്ട രാജ്യലക്ഷ്മിയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ത്യാഗം ചെയ്തപ്പോൾ ബാലിയും സുഗ്രീവനും എനിക്ക് വേണം എനിക്ക് വേണം രാജ്യമെന്ന് പറഞ്ഞ് മത്സരിച്ചു ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അയോധ്യയിലെ സർവജനങ്ങളും നിലവിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിവന്നു ബാലി മരിച്ചപ്പോൾ ഒരു താരയും രാവണൻ മരിച്ചപ്പോൾ ഒരു മണ്ടോദരയും മാത്രമേ നിലവിളിക്കാനുണ്ടായുള്ളൂ ജ്യേഷ്ഠൻ വന്ന് രാജ്യം കൈക്കൊള്ളാത്തതിന് ഭരതൻ തീയിൽ ദഹിക്കാനൊരുങ്ങി എന്നാൽ സുഗ്രീവൻ ജ്യേഷ്ഠനെ കൊല്ലിച്ച് രാജ്യം കൈപ്പറ്റി ഇങ്ങനെ എത്രയോ കാര്യങ്ങളെക്കൊണ്ട് രാമാദികളുടെ ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവും വ്യക്തമായി തെളിഞ്ഞു കാണാം അത് തന്നെ അവരുടെ ജീവിതത്തിന്റെ വിജയത്തിനും ഹേതു മറ്റുള്ളവർക്ക് അവയില്ലെന്നും വ്യക്തമാവുന്നുണ്ട് അവരുടെ ജീവിതം പരാജയമായി തീർന്നതിന്റെ കാരണവും അതുതന്നെ അതിനാൽ രാമായണം ലൌകിക ജീവിതത്തിൽ ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവും വളർത്താനാണ് നമ്മളോടുപദേശിക്കുന്നത് അത് സാധിക്കാത്തവർക്ക് ലൌകിക ജീവിതത്തിൽ വിജയമോ സംതൃപ്തിയോ സമാധാനമോ ഉണ്ടാവാൻ പോകുന്നില്ല ൌകിക ജീവിതം തന്നെ വിജയപ്രദമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അധ്യാത്മ ജീവിതത്തിന്റെ കഥ പറയേണ്ടതുല്ലോ അങ്ങനെയുള്ളവർക്ക് അധ്യാത്മ ജീവിതത്തിൽ പ്രവേശനം പോലും കിട്ടാൻ വിഷമമാണ് കൊണ്ട് സംസാരത്തെ വെറുത്താൽ അധ്യാത്മജീവിതമുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ലോക ജീവിതത്തിൽ സംതൃപ്തി വന്ന് പിന്മാറുന്നവർക്കുള്ളതാണ് അധ്യാത്മജീവിതം ലോകജീവിതത്തിൽ വിജയവും സംതൃപ്തിയും കൈവരണമെങ്കിൽ പറയപ്പെടുന്ന മൂന്ന് ഗുണങ്ങളെയും വേണ്ട പോലെ വളർത്തുക തന്നെ വേണം ഇപ്രകാരം ലൌകികവും അധ്യാത്മവുമായ തത്വരത്നങ്ങൾ അടുക്കിവച്ച സുന്ദരങ്ങളായ പേടകങ്ങളാണ് രാമായണത്തിലെ ആറ് കാണ്ഡങ്ങളും അതിനാൽ അവയെ വേണ്ട പോലെ ഗ്രഹിക്കുന്നവർക്ക് ഇഹപരങ്ങളായ ലോകങ്ങളിലെ എല്ലാ അനുഭവങ്ങളും സുലഭങ്ങളാണ് കോടിക്കണക്കിലുള്ള ജനങ്ങൾ ഇന്നും രാമായണത്തിൽ കൂടെ തങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആർക്കും ഉയർത്താൻ കഴിയുകയും ചെയ്യും അങ്ങനെയുള്ളവയാണ് പരമപാവനമായ അധ്യാത്മരാമായണത്തിലെ ൾ ശരി ഇനി ഏഴാമത്തേതും അന്ത്യകാന്ഡവുമായ ഉത്തരകാന്ഡത്തിലെ കഥാകോളത്തിലേക്ക് പ്രവേശിക്കാം പട്ടാഭിഷേകത്തിന് ശേഷം സ്വർഗാരോഹണം വരെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്തുവെന്ന പാർവതീദേവിയുടെ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ശ്രീ പരമേശ്വരൻ ഉത്തരകാന്ണ്ഠകഥയെ അരുളിച്ചെയ്യാൻ തുടങ്ങുന്നത് പട്ടാഭിഷേകാനന്തരം ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനവും ചെയ്ത് സുഖമായി രാജധാനിയിൽ താമസിച്ചുവരുന്ന കാലത്ത് ഒരു ദിവസം ദണ്ഡകാരണ്യവാസികളായ ഏതാനും ഋഷികൾ ഭഗവാനെ കാണാൻ വേണ്ടി അയോധ്യയിലേക്ക് വന്നു അഗസ്ത്യമഹർഷിയായിരുന്നു അവരുടെ നേതാവ് ദണ്ഡകാരണ്യവാസികളായ ഋഷികളുടെ അപേക്ഷപ്രകാരമാണല്ലോ ഭഗവാൻ രാക്ഷസന്മാരെ മുഴുവൻ കൊന്നൊടുക്കി അവരുടെ തപോവനത്തെ നിർബാധമാക്കി തീർത്തത് അതിന് കൃതജ്ഞത പറയാൻ വേണ്ടിയായിരുന്നു ആ തപസ്വികൾ ഭഗവത് സന്നിധിയിലേക്ക് വന്നത് ഭഗവാൻ അവരെയൊക്കെ വേണ്ടപോലെ പൂജിച്ചു ഋഷികൾ അവരുടെ കൃതജ്ഞതയെ അറിയിക്കുകയും ചെയ്തു അനന്തരം പല വർത്തമാനങ്ങളും അന്യോന്യം പറഞ്ഞുകൂട്ടത്തിൽ അഗസ്ത്യ മഹർഷി രാവണാദികളുടെയും ബാലസുഗ്രീവാദികളുടെയും ജനനവും വളർച്ചയുമടങ്ങിയ ചില കഥകളെയും ഭഗവാന് കേൾപ്പിക്കുന്നുണ്ട് രസകരങ്ങളായ പ്രസ്തുത കഥകളിൽ ചിലതിനെയും ഇവിടെ പകർത്താം ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിൽ ഒരാളായ പുലസ്ഥ്യമഹർഷി ഒരിക്കൽ ഏകാന്തമായ വനത്തിൽ കഠിനമായ തപോനിഷ്ഠയിൽ കഴിയണമെന്ന ഉദ്ദേശത്തോടുകൂടി മന്ദരപർവ്വതത്തിന്റെ സാനുപ്രദേശത്തേക്ക് പോയി അവിടെ ചുറ്റി നടക്കുമ്പോൾ ആശ്രമം കണ്ടു തൃണബിന്ദു എന്ന പ്രസിദ്ധനായ മഹാരാജാവ് ഗൃഹസ്ഥനാണെങ്കിലും രാജ്യമെല്ലാം ഉപേക്ഷിച്ച് കുടുംബസഹിതം അവിടെ തപസ്വിയായി കഴിയുകയാണെന്നറിഞ്ഞു ആ രാജ മഹാത്മാവായ പുലസ്തേ മഹർഷിയെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ ആശ്രമത്തിൽ താമസിക്കാനപേക്ഷിച്ചു ജീവിത സൌകര്യങ്ങളൊന്നുമില്ലാത്ത വനമധ്യത്തിൽ താമസിക്കാനും ആഹാരത്തിനും സൌകര്യം കിട്ടിയപ്പോൾ മഹർഷിക്ക് സന്തോഷമായി അവിടെ താമസിച്ചുകൊണ്ട് തന്റെ തപോനിഷ്ഠകൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ താമസം കൊണ്ട് അദ്ദേഹത്തിന്റെ തപോനിഷ്ഠകൾക്ക് അൽപ്പാൽപ്പം ഭംഗം വരാൻ തുടങ്ങി മനസിൽ പല വിക്ഷേപങ്ങളും പൊന്താനും തുടങ്ങി മിക്കപ്പോഴും ആശ്രമത്തിൽ വന്നുകൊണ്ടിരുന്ന ദേവകന്യകമാരും ഗന്ധർവകന്യകമാരും അവരുടെ പലതരത്തിലുള്ള ചേഷ്ടാവിശേഷങ്ങളുമായിരുന്നു മഹർഷിയുടെ ചിത്തവിക്ഷേപത്തിന് കാരണം അതിനാൽ അവസാനം പുലസ്തിൻ ആ കന്യകമാരെയൊക്കെ ശപിച്ചു തന്റെ മുന്നിൽ വരുന്ന കന്യക ഉടനേ ഗർഭിണിയായി തീരട്ടെയെ എന്നായിരുന്നു ശാപം ശാപം കഴിഞ്ഞതോടെ കന്യകമാരൊക്കെ ഭയപ്പെട്ടു പിന്നെ ഒരാളും അങ്ങോട്ട് പോവാതെയായി മഹർഷി സ്വൈരമായി തന്റെ തപോനിഷ്ഠകളെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം തൃണബിന്ദുരാജാവിന്റെ പുത്രി എന്തോ ആവശ്യത്തിന് പുലസ്തി മഹർഷിയുടെ മുമ്പിൽ വന്നു പെട്ടെന്ന് ഗർഭിണിയായി തീരുകയും ചെയ്തു കാര്യമെല്ലാം മനസ്സിലാക്കിയ രാജർഷി തന്റെ പുത്രിയെ പത്നീധേന സ്വീകരിക്കാൻ പുലസ്തി മഹർഷിയോട് അപേക്ഷിച്ചു അദ്ദേഹം രാജാവിന്റെ അപേക്ഷയെ സ്വീകരിച്ച് രാജപുത്രിയെ തന്നെ ശുശ്രൂഷിക്കാൻ അനുവദിച്ചു കാലം രാജപുത്രി പ്രസവിച്ചൊരു പുത്രനുണ്ടായി കുട്ടിക്ക് വിശ്രവസ് എന്ന് പേരുമിട്ടു പുലസ്തിന്റെ ശിക്ഷണത്തിൻ കീഴിൽ വിശ്രവസ് വേദശാസ്ത്രജ്ഞാനസമ്പന്നനും തപസിദ്ധനുമായി തീർന്നു ഭരദ്വാജ മഹർഷി വിശ്രവസന്റെ യോഗ്യതകളെ കണ്ട് തന്റെ പുത്രിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചുകൊടുത്തു വിശ്രവസിന് ഭരദ്വാജപുത്രിയിൽ ഒരു പുത്രനുണ്ടായി അദ്ദേഹമാണ് ധനാധിപതിയായ വൈശ്രവണൻ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം വൈശ്രവണൻ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മദേവനെ സാക്ഷാത്കരിച്ച് അനേകം വരങ്ങളെയും പുഷ്പക വാങ്ങി ധനാധിപത്യവും മറ്റ് സിദ്ധികളുമെല്ലാം ബ്രഹ്മദേവൻ കൊടുത്തതാണ് അത് വൈശ്രവണൻ യൌവനമെത്തിയപ്പോഴേക്ക് വളരെ യോഗ്യനും പരമസിദ്ധനുമായി തീർന്നു തന്റെ പുത്രന്റെ ഉയർച്ചയിൽ വിശ്രവസ് വളരെ സന്തോഷിക്കുകയും അനുമോദിക്കുകയും ചെയ്തു അനന്തരം വിഷ്ണു ഭയത്താൽ രാക്ഷസന്മാരുപേക്ഷിച്ചു പോയതും സമുദ്രമധ്യത്തിലുള്ളതും ആരുടെയും ബാധയില്ലാത്തതുമായ ലങ്കാ രാജ്യത്തെ വൈശ്രവണൻ തന്റെ താമസസ്ഥലമാക്കി തീർത്തു വിശ്വകർമാവിനെക്കൊണ്ട് അവിടെ വലിയ രാജധാനിയും കോട്ടയും നഗരവും മറ്റും പണികഴിപ്പിച്ച് തന്റെ പരിവാരങ്ങളോടുകൂടി വൈശ്രവണൻ അവിടെ താമസമുറപ്പിച്ചു അക്കാലത്തൊരിക്കൽ രാക്ഷസപ്രമാണിയായ സുമാലി തന്റെ മന്ത്രിമാരാകുന്ന പ്രഗസ്താദികളോടും പുത്രിയായ കൈകസിയോടും കൂടി പാതാളത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ചുറ്റി നടന്നു അപ്പോഴാണ് ലങ്കയുടെ പുതിയ രൂപത്തെയും വൈശ്രവണനെയും മറ്റും കണ്ടത് സുമാലിക്ക് അത്ഭുതത്തെക്കാളധികം അസൂയയാണുണ്ടായത് ഇതുപോലുള്ള പ്രൌഢിയും ലങ്കയുടെ ആധിപത്യവും മറ്റും രാക്ഷസന്മാർക്കല്ലേ വേണ്ടത് അത് സാധിച്ചില്ലല്ലോ എന്നോർത്ത് ആ രാക്ഷസവീരൻ വ്യസനിക്കുകയും ചെയ്തു തങ്ങളുടെ രാജാവിന്റെ പരിതാപം കണ്ട് പ്രഹസ്താദി മന്ത്രിമാർ അതിനൊരു യുക്തി പറഞ്ഞുകൊടുത്തു കേട്ടപ്പോൾ അത് ശരിയാണെന്നും ഒരുപക്ഷെ തന്റെ ആഗ്രഹം സഫലമായേക്കാമെന്നും സുമാലിക്കും തോന്നി അതിനാൽ മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാൻ തന്റെ പുത്രിയായ കൈകസിയെ വിട്ടു യൌവനയുക്തയായ ആ രാക്ഷസ കന്യക വിശ്രവസുമഹർഷിയുടെ അടുക്കൽ ചെന്ന് പുത്രഭിക്ഷയെ യാചിച്ചു അദ്ദേഹം അവളെയും പത്നിയായി അംഗീകരിച്ചു കാലം കൊണ്ട് കൈകസിയിൽ വിശ്രവസിന് മൂന്ന് പുത്രന്മാരുണ്ടായി അവരാണ് പ്രസിദ്ധന്മാരായ രാവണ കുംഭകർണ വിഭീഷണന്മാർ അവരെയും ചെറുപ്പത്തിൽ വിശ്രവസു മഹർഷി പഠിപ്പിച്ചു അക്കാലത്തൊരിക്കൽ പ്രതാപശാലിയായ വൈശ്രവണൻ തന്റെ പരിവാരങ്ങളോടുകൂടി അച്ഛനെ കാണാൻ ആശ്രമത്തിൽ വന്നു അപ്പോൾ കൈകസി തന്റെ പുത്രന്മാരെ വിളിച്ച് വൈശ്രവണൻ അവരുടെ ജ്യേഷ്ഠനാണെന്നും നിങ്ങൾ അതുപോലെ യോഗ്യന്മാരാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വൈശ്രവണനെയും അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനാദി പ്രൌഢികളെയും കാണിച്ചുകൊടുത്ത് വ്യസനിച്ചു അമ്മയുടെ വ്യസനത്തെയും ജ്യേഷ്ഠനായ വൈശ്രവണന്റെ പ്രഭാവത്തെയും കണ്ട രാക്ഷസ ബാലന്മാർ അപ്പോൾ തന്നെ തങ്ങൾ വൈശ്രവണനേക്കാൾ വലിയവരാവുമെന്നും അതിനാൽ അമ്മ വ്യസനിക്കരുതെന്നും പറഞ്ഞു സമാധാനിപ്പിച്ചു വൈശ്രവണൻ തിരിച്ചുപോയ ശേഷം രാവണാദികൾ അച്ഛന്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങി അപ്പോൾ തന്നെ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് സാക്ഷാത്കരിക്കാനായി ഗോകർണത്തേക്ക് പുറപ്പെടുകയും ചെയ്തു കഠിനകഠിനങ്ങളായ തപോനിഷ്ഠകളെക്കൊണ്ടും സാഹസങ്ങളായ ചര്യകളെക്കൊണ്ടും കാലം കൊണ്ട് സന്തുഷ്ടനായ ബ്രഹ്മദേവൻ അവരുടെ പുരോഗത്തിങ്കൽ ആവിർഭവിച്ചു രാവണാദി മൂന്ന് രാക്ഷസന്മാരെയും സമാധിയിൽ നിന്നുണർത്തി അഭീഷ്ടങ്ങളായ വരങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചയച്ചു തപസുകൊണ്ടും ദേവദർശനം കൊണ്ടും അഭീഷ്ടവരദാനം കൊണ്ടും ശക്തനും മത്തനുമായ ദശാനനൻ തനിക്ക് താമസിക്കാൻ തക്കതായ സ്ഥലമന്വേഷിക്കാൻ തുടങ്ങി രാക്ഷസന്മാരുടേതായ ലങ്കാരാജ്യം അക്കാലത്ത് വൈശ്രവണൻ തന്റേതാക്കി അനുഭവിച്ചു വരികയായിരുന്നുവല്ലോ ധനപതിയുടെ ആവാസം കൊണ്ട് ലങ്ക മറ്റൊരു സ്വർഗ്ഗം പോലെയായിട്ടുമുണ്ട് അതിനെ തന്നെ വീണ്ടെടുക്കണമെന്ന് കരുതി വൈശ്രവൻ ജ്യേഷ്ഠനാണെങ്കിലും രാജകീയ ധർമ്മത്തെ പുരസ്കരിച്ച് രാവണൻ സൈന്യങ്ങളോടുകൂടി വൈശ്രവനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ദേവബുദ്ധിയും സദ്ധർമ്മപാരായണത്വവുമുള്ള വൈശ്രവണൻ രാക്ഷസനായ ദശാനനനോട് യുദ്ധത്തിനൊരുങ്ങാതെ ലങ്കാരാജ്യം വിട്ടോടിപ്പോയി ധനപതിയുടെ പുഷ്പക വിമാനം പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ രാവണൻ തട്ടിപ്പറിച്ചെടുത്തു പാതാളത്തിൽ നിന്ന് രാക്ഷസന്മാരെ വരുത്തി ലങ്കയിൽ കുടിയിരുത്തി പണ്ടത്തെ പോലെ തന്നെ ലങ്കാരാജ്യം രാക്ഷസന്മാരുടെ കേന്ദ്രവും ആസ്ഥാനവുമാക്കി തീർക്കുകയും ചെയ്തു വൈശ്രവണനാകട്ടെ ശ്രീകൈലാസത്തിൽ വന്ന് ശ്രീപരമേശ്വരനെ ആശ്രയിച്ച് സേവിച്ചു കഴിഞ്ഞുകൂടാൻ തുടങ്ങി ഭഗവതാജ്ഞപ്രകാരം കൈലാസാനുവിലുള്ള അളഗാപുരി ധനപതിയുടെ ആവാസസ്ഥാനവുമായി എല്ലാ ഗന്ധർവന്മാരോടും കൂടി ഭഗവത്താരാധനവും ചെയ്തുകൊണ്ട് അളകാപുരിയിൽ വൈശ്രവണൻ സുഖമായി അധിവസിച്ചു വരികയും ചെയ്തു രാവണാദി മൂന്ന് രാക്ഷസന്മാരും വിവാഹിതന്മാരായി മയനെന്ന അസുരൻ തന്റെ പുത്രിയായ മണ്ടോതിരിയെ രാവണനും വിവാഹം കഴിച്ചുകൊടുത്തു അതിൽ മേഘനാഥനെന്ന പ്രഭാവശാലിയായ പുത്രനുണ്ടായി കാലം കൊണ്ട് രാവണൻ സകല ലോകങ്ങളെയും അക്രമിച്ച് തുടങ്ങി പരാക്രമം കൊണ്ട് ത്രൈലോക്യത്തിൽ മുഴുവൻ രാവണൻ അറിയപ്പെട്ടു കൈലാസ പർവ്വതത്തെപ്പോലും ഒരിക്കൽ ബലിഷ്ടങ്ങളായ കൈകളെക്കൊണ്ട് കുത്തിപ്പറിച്ചെടുത്ത് അമ്മാനമാടി ആ ധിക്കാരത്തെ കണ്ട് നന്ദികേശ്വരൻ രാവണനെ ശപിച്ചു അങ്ങനെ പലയിടത്തു നിന്നും പലതരത്തിലുള്ള ശാപങ്ങൾ രാവണന്റെ തലയിൽ പതിക്കാനിടയായി ഒരിക്കൽ ദേവചക്രവർത്തിയായ ഇന്ദ്രൻ രാവണനെ പിടിച്ച് ബന്ധിച്ചു വിവരമറിഞ്ഞ മേഘനാഥൻ വേഗത്തിൽ വന്ന് പിതാവിനെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ചു അനന്തരം ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഇന്ദ്രനെ പിടിച്ചുകെട്ടി ലങ്കയിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിട്ടു രാവണന്റെയും കൂട്ടുകാരുടെയും നീജങ്ങളും അധർമ്മപരങ്ങളുമായ പ്രവൃത്തികളെ കേട്ട് മടുത്ത വൈശ്രവണൻ ഒരു ദൂതൻ മുഖേന അധർമ്മം ചെയ്യരുതെന്ന് അനുജനായ രാവണനോട് ഉപദേശിച്ചു അതൊന്നും രാവണന്റെ ചെവിയിൽ പോയില്ല പിന്നീട് ബ്രഹ്മദേവൻ ഇന്ദ്രനെ മോചിപ്പിച്ചു പിന്നെയും അനേകമനേകം പരാക്രമങ്ങൾ കാണിച്ചു രാവണൻ ഇതാണ് അഗസ്ത്യമഹർഷി പറഞ്ഞ കഥകളിൽ ഒന്നിന്റെ ചുരുങ്ങിയ രൂപം പിന്നീട് ബാലിസുഗ്രീവന്മാരുടെ ഉൽപ്പത്തിയെയാണ് രണ്ടാമത്തെ കഥകൊണ്ട് പറയുന്നത് അതിനെയും ഇവിടെ ചുരുക്കി ശ്രമിക്കാം സ്വർണമയമായ സുമേരുപർവതത്തിന്റെ മണിമയമായ മധ്യക്കൊടുമുടിയിൽ നൂറു യോജന വിസ്താരമുള്ള ബ്രഹ്മസഭാ മണ്ഡപം വർത്തിക്കുന്നു സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ അവിടെ തന്നെ പരിവാരങ്ങളോടുകൂടി സൃഷ്ടി വ്യാപാരത്തെ നടത്തിക്കൊണ്ടിരുന്നു ദേവന്മാരും ഉപദേവന്മാരും ഋഷികളും അവിടെ ചെന്ന് പലപ്പോഴും ബ്രഹ്മദേവനെ സേവിച്ചുവരുന്നു ഒരു ദിവസം പ്രസ്തുത സഭാമണ്ഡപത്തിൽ ബ്രഹ്മദേവൻ ഏകാഗിയായി സമാധിസ്ഥനായിരുന്നു സമാധ്യാവസ്ഥയിൽ നിന്ന് നിവൃത്തനായപ്പോൾ കണ്ണുകളിൽ നിന്ന് ധാരാളം സന്തോഷാശ്രുക്കൾ നിർഗളിക്കാനിടയായി ബ്രഹ്മദേവൻ അശ്രുതലത്തെ തന്റെ കൈയിലെടുത്ത് എന്തോ സങ്കൽപ്പിച്ചു പുറത്തേക്കെറിഞ്ഞു പെട്ടെന്ന് അതിൽ നിന്ന് ബലിഷ്ടനായൊരു വാനരനുണ്ടായി ആ വാനരനോട് ബ്രഹ്മദേവൻ കുറച്ചു ദിവസം അവിടെ തന്റെ സമീപത്ത് തന്നെ താമസിക്കാൻ ആജ്ഞാപിച്ചു അതുപ്രകാരം താമസിച്ചുവരികയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രസ്തുത വാനരൻ ആഹാര പദാർത്ഥമന്വേഷിച്ച് കാട്ടിൽ നടക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ടൊരു തടാകം കണ്ടു അതിന്റെ കരയ്ക്ക് ചെന്നപ്പോൾ സ്ഫടിക ജലത്തിൽ വാനരന്റെ സ്വരൂപം പ്രതിബിംബിച്ചു കാണപ്പെട്ടു തന്റെ പ്രതിബിംബത്തെ ജലത്തിൽ കണ്ട വാനരൻ അത് മറ്റൊരുവനായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് കുളത്തിലേക്ക് എടുത്തുചാടി വെള്ളം ഇളകിയതോടെ പ്രതിച്ഛായ കാണാതാവുകയും ചെയ്തു വാനരന്റെ ഭ്രാന്തി നീങ്ങി കരയ്ക്കു കയറി വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോൾ വാനരാകാരം പോയി ഒരു സുന്ദരി സ്ത്രീയായി മാറി സ്ത്രീയായി മാറിയ വാനരൻ ആശ്ചര്യപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്തു മറ്റുള്ളവരുടെ മുമ്പിൽ പോവാൻ ലജ്ജ തോന്നി ആ തടാകക്കരയിൽ തന്നെ വിജനമായ മരച്ചുവെട്ടിൽ താമസിക്കാൻ തീർച്ചപ്പെടുത്തി ആ സമയത്ത് ദേവചക്രവർത്തിയായ ഇന്ദ്രൻ ബ്രഹ്മദേവനെ വണങ്ങി മടങ്ങിപ്പോവുകയായിരുന്നു ആകാശത്തിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ കോമളാങ്കിയായ പ്രസ്തുത സ്ത്രീയെ കാണാനും വികാരപരവശനായി തീരാനുമിടയായി ഇന്ദ്രന്റെ വീര്യം താഴെ പതിച്ചു അതൊരു വാനരനായി തീർന്നു അതാണ് ബാലി ആദിത്യനും ഇതുപോലെ സംഭവിച്ചു ആദിത്യവീര്യത്തിൽ നിന്നും ഒരു വാനരനുണ്ടായി അതാണ് സുഗ്രീവൻ സുഗ്രീവന്റെ സഹായത്തിന് ഹനുമാൻ എന്ന വാനരനെ മാർത്താണ്ഡദേവൻ തന്നെ അയച്ചു കൊടുത്തു അങ്ങനെ രണ്ട് വാനരപുത്രന്മാരോടുകൂടിയ പ്രസ്തുത സ്ത്രീ ഒരു ദിവസം ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ വീണ്ടും പണ്ടത്തെപ്പോലെ വാനരനായി തന്നെ ദർശിച്ചു ആശ്ചര്യപരവശനായി പുത്രന്മാരോടുകൂടി ബ്രഹ്മദേവനെ പോയി വണങ്ങി നടന്ന വർത്തമാനങ്ങളെല്ലാം അറിയിച്ചു ബ്രഹ്മദേവൻ അപ്പോൾ തന്നെ ഒരു ദൂതനെ വിളിച്ച് വാനരന്മാരെ കിഷ്കിന്ധ എന്ന സ്ഥലത്തു കൊണ്ടുപോയി ബാലിയെ അഭിഷേകം ചെയ്യാൻ നിർദ്ദേശിച്ചു ബ്രഹ്മദൂതൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമെല്ലാം ചെയ്തു അന്നു മുതൽ കിഷ്കിന്ധ വാനരന്മാരുടെ സ്ഥാനമായി തീർന്നു ഇതാണ് ബാലസുഗ്രീവന്മാരുടെ ഉൽപ്പത്തിയുടെ ചുരുക്കം ഒരിക്കൽ രാവണൻ സനൽകുമാര മഹർഷിയെ കാണാനിടയായി അദ്ദേഹവുമായി തത്വവിഷയങ്ങളെ സംബന്ധിച്ച് പലതും സംസാരിക്കാനിടയായി തീർന്നു ഈശ്വരന്റെ സഗുണനിർഗുണങ്ങളായ ഭാവങ്ങളെയും ജീവന്റെ സംസാരഗതിയുടെ സ്വഭാവത്തെയും സനൽകുമാര മഹർഷി രാവണന് പറഞ്ഞുകൊടുത്തു അനന്തരം ജീവന്റെ മരണാനന്തരഗതിയെക്കുറിച്ച് രാവണൻ പലതും ചോദിച്ചു അതിനും ഋഷിവര്യൻ തക്ക മറുപടി പറഞ്ഞുകൊടുത്തു അതിൽ നിന്ന് ഈശ്വരന്റെ കൈകൊണ്ട് മരിക്കുന്ന ജീവി പിന്നീട് സംസാരത്തിൽ ജനിക്കാനിടയാവില്ലെന്ന് രാവണന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രനായി അവതരിക്കുമെന്നും ധരിക്കാൻ കഴിഞ്ഞു ഭക്തി ശ്രദ്ധയോടെ ഭഗവാനെ സേവിക്കാൻ ഉപദേശിച്ച് ഋഷി പോയ ശേഷം രാവണൻ ഭഗവാനെ ശത്രുഭാവത്തിൽ ഉപാസിക്കാൻ തീർച്ചപ്പെടുത്തി ഭക്തിയോടുകൂടി സേവിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വളരെ വിഷമം അഥവാ അങ്ങനെ സാധിച്ചാൽ കൂടിയും ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ സാധിക്കില്ല ഭക്തനെ കൊല്ലാൻ വയ്യല്ലോ അതിനാൽ ഭഗവാന്റെ ശത്രുവായി തീരലാണ് നല്ലത് ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതാവുമ്പോൾ ഭഗവാൻ വന്നു കൊന്നുകൊള്ളുമെന്നായിരുന്നു രാവണന്റെ ന്യായം അതാണ് രാവണൻ ഭഗവാൻ ശ്രീരാമചന്ദ്രന് വിരുദ്ധഭാവത്തിൽ നിൽക്കാനും അനിഷ്ടങ്ങളായ കാര്യങ്ങളിൽ ചെയ്ത് ശത്രുതയെ വരിക്കാനും കാരണം എന്നിങ്ങനെ രസകരമായ കഥകളെ കേൾപ്പിച്ച് അഗസ്ത്യാദി ഋഷികൾ ഭഗവാനെ സ്തുതിച്ച് അവിടുത്തെ ആശീർവാദവും വാങ്ങിപ്പോയി ധർമ്മനിഷ്ഠമായ ഭരണപാഠവും കൊണ്ട് സർവജീവരാശികളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ലക്ഷ്മണാദി ഭ്രാതാക്കളോടും ഹനുമതാദി ഭക്തന്മാരോടും സുമന്ത്രാദി മുഖ്യമന്ത്രിമാരോടും കൂടി അയോധ്യയിൽ സ്വർഗസമാനം സുഖിച്ചുവന്നു അങ്ങനെ വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം സാക്ഷാൽ ലക്ഷ്മി സീതാദേവി ഭഗവാനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവന്മാരുടെ അപേക്ഷയെ അറിയിച്ചു അതായത് വളരെ കാലമായി ഭഗവാൻ വൈകുണ്ഠലോകത്തെ വിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടത്തെ ആവശ്യങ്ങളും മിക്കവാറും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി താമസിക്കാതെ വൈകുണ്ഠത്തിലേക്ക് തന്നെ മടങ്ങിവരണമെന്ന് അത് കേട്ട് ശ്രീരാമചന്ദ്രൻ അല്പനേരം ആലോചനാഭക്തനായിരുന്ന ശേഷം ദേവിയോട് പറഞ്ഞു കാര്യമെല്ലാം എനിക്ക് ബോധ്യമായിരിക്കുന്നു ഞാനും അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം താമസിയാതെ എല്ലാം ശരിപ്പെടുമെന്ന് അനന്തരം മേലിൽ ചെയ്യേണ്ട ചില കൃത്യങ്ങളെ സീതാദേവിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി വീണ്ടും കുറേ ദിവസം സുഖമായി കഴിഞ്ഞുവന്നു ഒരു ദിവസം വിജയൻ എന്ന ചാരൻ രാജകാര്യങ്ങളെ അറിയാൻ വേണ്ടി ഭഗവാന്റെ സന്നിധിയിൽ വന്നു പലയിടത്തും നടക്കുന്ന പല കാര്യങ്ങളെയും വിജയൻ ഭഗവാനെ അറിയിച്ചു അനിഷ്ടങ്ങളായ വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ അതും പറയണമെന്ന് ഭഗവാൻ നിർബന്ധിച്ചപ്പോൾ സീതാദേവിയെ സംബന്ധിച്ച് ജനങ്ങൾ പറഞ്ഞുവരുന്ന അപവാദത്തെയും പറഞ്ഞു മന്ത്രിമാരോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും ഭഗവാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ പറയുന്നതിൽ ന്യായവൈരുദ്ധ്യമില്ലെന്നും പറഞ്ഞു എന്നാൽ സീതയെ ഉപേക്ഷിക്കണമെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ തന്നെ ലക്ഷ്മണനെ വിളിച്ച് സീതാദേവിയെ വാൽമീകി മഹർഷിയുടെ ആശ്രമ കൊണ്ടുപോയി വിട്ടുവരാൻ കൽപ്പനയായി അതുപ്രകാരം പിറ്റേ പ്രഭാതത്തിൽ ലക്ഷ്മണൻ ഗർഭിണിയായിരുന്ന ജാനകീ ദേവിയെ കാട്ടിൽ വാൽമീകിയാശ്രമത്തിന്റെ പരിസരത്തിൽ വിട്ടുപോരുകയും ചെയ്തു അനന്തരം ലക്ഷ്മണനോടും പരിജനങ്ങളോടും കൂടി പിന്നെയും കുറെക്കാലം ഭഗവാൻ രാജ്യഭാരത്തെ നിർവഹിച്ചുകൊണ്ട് അയോധ്യയിൽ താമസിച്ചുവന്നു ഒരു ദിവസം യമുനാനദീ തീരവാസികളായ ഒരു സംഘം ഋഷികൾ ശ്രീരാമചന്ദ്രനെ കാണാനായി അയോധ്യയിലേക്ക് വന്നു ശ്യവനമഹർഷിയായിരുന്നു അവരുടെ നേതാവ് അരമനയിലെത്തിയപ്പോൾ ഭഗവാൻ അവരെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തി വിധിയാമണ്ണം പാദപൂജയും അനന്തരം കുശലപ്രശ്നവും ചെയ്തു അപ്പോൾ ശ്യവനമഹർഷി വന്ന ആവശ്യത്തെ അറിയിച്ചു പണ്ട് മധു എന്ന പേരായി മഹാശക്തനായൊരു അസുരനുണ്ടായിരുന്നു അവൻ ശിവഭക്തനായിരുന്നു വളരെകാലം ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് ജീവിച്ചു അതിന്റെ ഫലമായി ഭഗവാൻ സന്തോഷിച്ച് പ്രത്യക്ഷപ്പെട്ട് അസുരനെ അനുഗ്രഹിച്ച് ഒരു ശൂലം കൊടുത്തു അതുകൊണ്ട് ആരെ കൊന്നാലും അവൻ ഭസ്മമാവും ഇതാണ് ശൂലത്തിന്റെ പ്രത്യേകത രാവണന്റെ സഹോദരിയായ കുംഭീനസി എന്ന രാക്ഷസിയെയാണ് അവൻ വിവാഹം കഴിച്ചത് അതിലവനൊരു പുത്രനുമുണ്ടായി അവനാണ് പ്രസിദ്ധനായ ലവണാസുരൻ മധു അസുരനായിരുന്നെങ്കിലും അവനെ കൊണ്ട് തപസ്വികൾക്കും ബ്രാഹ്മണർക്കും പറയത്തക്ക ഉപദ്രവമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മധു കാലകർമ്മത്തെ പ്രാപിച്ച ശേഷം ലവണൻ തന്റെ പരാക്രമങ്ങളെ കാണിക്കാൻ തുടങ്ങി ഇപ്പോൾ തപസ്സികൾക്കും ബ്രാഹ്മണർക്കും ആ പ്രദേശത്ത് യാതൊരു രക്ഷയുമില്ല അതുകൊണ്ട് അവനെ കൊന്ന് തപസ്വികളെ രക്ഷിക്കണം ഇതാണ് ച്യവനമഹർഷിയുടെ അപേക്ഷ ഭഗവാൻ അപ്പോൾ തന്നെ ലവണനെ കൊന്നുതരാമെന്നവർക്ക് ഉറപ്പുകൊടുത്ത് അവരെ പറഞ്ഞയച്ചു അനന്തരം സഹോദരന്മാരിൽ ഒരാളോട് ലവണവധത്തിനു പോവാൻ ആജ്ഞാപിച്ചു ശത്രുഘ്നാണ് പുറപ്പെട്ടത് അനേകം സൈന്യബലത്തോടും ആയുധബലത്തോടും കൂടി പുറപ്പെട്ട് മധുവനത്തിലെത്തി സന്ദർഭം നോക്കി അസുരനോട് യുദ്ധം ചെയ്ത് അവന്റെ സൈന്യങ്ങളെയും അവസാനം ലവണാസുരനെയും ശത്രുഘ്നൻ കൊന്നു അനന്തരം അധുവരെ മധുവനമെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാട് വെട്ടിത്തെളിച്ച് മധുരാ പട്ടണമാക്കി പുതുക്കി പല വർഗത്തിലും പെട്ട ജനങ്ങൾ ധാരാളം അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു അക്കാലത്താണ് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചുവന്ന ഗർഭിണിയായ സീതാദേവി രണ്ട് കുട്ടികളെ പ്രസവിച്ചത് കുട്ടികൾ ക്രമേണ വളർന്നുവന്നു മഹർഷി അവർക്ക് കുശനെന്നും ലവനെന്നും പേരിട്ടും ഉപനയനവും വിദ്യാഭ്യാസവും എല്ലാം വാൽമീകി മഹർഷി തന്നെ വേണ്ടതുപോലെ തുല്യസ്വരൂപന്മാരും അശ്വിനി ദേവന്മാരെ പോലെ തേജസ്വികളും സർവജ്ഞാന സമ്പന്നരുമായി ആ സന്ദർഭത്തിലാണ് വാൽമീകി മഹർഷി രാമായണത്തെ എഴുതിയത് അതിനെ കുശലവന്മാരെ പഠിപ്പിച്ച ചൊല്ലി നടന്ന് തന്റെ കവിതയ്ക്ക് പ്രചാരം വരുത്താൻ ആജ്ഞാപിക്കുകയും ചെയ്തു ശ്രുതിമാധുര്യത്തോടും താളമേളങ്ങളോടും കൂടി അവർ രാമായണ കഥയെ സദസ്സുകളിൽ പോയി ഗാനം ചെയ്യാൻ തുടങ്ങി കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു ൾ ആ കുട്ടികളെയും അവരുടെ മധുരമായ ഗാനാലാപത്തെയും പുകഴ്ത്തി പറയാൻ തുടങ്ങി അക്കാലത്ത് അയോധ്യാ ചക്രവർത്തിയായ ശ്രീരാമചന്ദ്രൻ സ്വർണം കൊണ്ട് സീതാദേവിയുടെ പ്രതിമയുണ്ടാക്കി സീതയാണെന്ന് സങ്കല്പിച്ച് അടുത്തിരുത്തി അശ്വമേധയാഗം ചെയ്യാൻ തുടങ്ങി അതിനായി എല്ലാ ഋഷികളും ക്ഷണിക്കപ്പെട്ടു വാൽമീകി മഹർഷിയും തന്റെ പാടുന്ന രണ്ടു കുട്ടികളോടും കൂടി യാഗത്തിന് പോയി അയോധ്യയിൽ ഋഷി കവാടത്തിൽ ശാന്തനായി താമസിച്ചുവരുന്ന വാൽമീകിയോട് ഒരു ദിവസം അദ്ദേഹം സമാധിയിൽ നിന്നുണർന്ന സമയത്ത് കുശൻ തനിക്ക് അധ്യാത്മജ്ഞാനത്തെ ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ കേട്ടതിനെ കേട്ടപോലെ ധരിച്ച് ആചരിക്കുകയും വേണമെന്ന് പറഞ്ഞ് മഹർഷി കുശന് ജ്ഞാനോപദേശം ചെയ്യാൻ തുടങ്ങി ചിതാത്മാവായ പരമേശ്വരന്റെ അംശവും അരൂപനുമായ ജീവന്റെ ഗൃഹമാണ് ഈ സ്ഥൂല ശരീരം അഹങ്കാരം മുഖ്യമന്ത്രിയാണ് അഹങ്കാരമാകുന്ന മന്ത്രിയോടുകൂടി ചേർന്ന് ജീവനാകുന്ന മഹാരാജാവ് ശരീരമാകുന്ന ഗൃഹത്തിലിരുന്ന് പല പല കർമ്മങ്ങളെയും അഭിമാനത്തോടുകൂടി ചെയ്യുന്നു അതിന്റെയൊക്കെ ഫലങ്ങളെ അനുഭവിപ്പാൻ പിന്നെയും ശരീരത്തെ പ്രാപിക്കേണ്ടി വരുന്നു അങ്ങനെ നാനുകാലങ്ങളിൽ പല യോനികളിൽ ജനിച്ചും പല പല കർമ്മങ്ങളും ചെയ്തും പല അനുഭവങ്ങളും അനുഭവിച്ചും സുഖിച്ചും ദുഃഖിച്ചും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു അതുതന്നെ ജീവന്റെ സംസാരഗതിയുടെ സ്വരൂപം അഹങ്കാരമന്ത്രിയെ ഉപേക്ഷിച്ച് ശരീരാദികളിൽ അഭിമാനത്തെ വിട്ട് ചിതാത്മാവിനെ ശരണം പ്രാപിച്ചുപാസിക്കുമ്പോൾ സംസാരം അവസാനിച്ച് കൈവല്യപ്രാപ്തിയുണ്ടാവുകയും ചെയ്യും ഇതുതന്നെ ബന്ധത്തിന്റെയും മോക്ഷത്തിന്റെയും സാമാന്യരൂപം ഇപ്രകാരം വാൽമീകി മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട സീതാപുത്രന്മാർ അപ്പോൾ തന്നെ ഉൽബുദ്ധരായി ഉള്ളിൽ ജ്ഞാനനിഷ്ഠയോടും പുറമേ സംസാരഗതിക്കനുരൂപമായും അവർ ചേഷ്ടിക്കാൻ തുടങ്ങി പിന്നീട് ആ രാജകുമാരന്മാർ അയോധ്യയിലെ തെരുവീതികളിൽ കൂടി നടന്ന് രാമായണ കഥയെ പാടാൻ തുടങ്ങി കേൾക്കുന്നവരൊക്കെ ആശ്ചര്യപ്പെട്ടു അങ്ങനെയിരിക്കെ ഒരു ദിവസം വാൽമീകി മഹർഷി അവരെ വിളിച്ച് ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ പോവാനും മഹാരാജാവ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ കുറച്ച് പാടാനും മഹാരാജാവ് എന്തെങ്കിലും സമ്മാനം തന്നാൽ അത് വാങ്ങാതെ പോരാനും പറഞ്ഞു അവർ അതുപ്രകാരം ചെയ്തു മഹാരാജാവിന് വളരെ സന്തോഷമായി തന്റെ പൂർവ കുട്ടികൾ നല്ല കവിതാശൈലിയിൽ സ്വരമാധുര്യത്തോടെ ചൊല്ലുന്നത് കേട്ട് രാജാവ് ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു പിന്നീട് ഋഷികളുടെയും ബ്രാഹ്മണരുടെയും പണ്ഡിതന്മാരുടെയും സദസ്സ് വിളിച്ചുകൂട്ടി യാഗശാലയിൽ വച്ച് വീണ്ടും ആ കുട്ടികളെ രാമായണ കഥയെ പാടിച്ചു കുട്ടികളുടെ സ്വരമാധുര്യത്തിലും ഗാനമാധുര്യയിലും കവിയുടെ ചമൽക്കാരത്തിലുമെല്ലാം സദസ്രും ആശ്ചര്യപ്പെട്ടു കുട്ടികളെ സൂക്ഷിച്ചു നോക്കിയ സദസ്യർക്ക് അവരിൽ രാമചന്ദ്രന്റെ തുല്യഭാവം പ്രത്യക്ഷമായി കാണാൻ സാധിക്കുകയും ചെയ്തു ഇവർ ജടാവൽക്കരധാരികളല്ലായിരുന്നുവെങ്കിൽ രാമചന്ദ്രനോട് തുല്യസ്വരൂപികൾ തന്നെ എന്നവരന്യൂന്യം അഭിപ്രായപ്പെടുകയും ചെയ്തു സർവജനങ്ങളെയും അത്യന്തം ആശ്ചര്യപ്പെടുത്തിയ ആ ഗാനസഭ പിരിയാറായപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ വിളിച്ച് ആ കുട്ടികൾക്ക് പതിനായിരം പണം സമ്മാനം കൊടുക്കാൻ പറഞ്ഞു ഉടനെ ലക്ഷ്മണൻ പണം കൊണ്ടുവന്ന് കൊടുത്തെങ്കിലും കുട്ടികളത് സ്വീകരിച്ചില്ല കാട്ടിൽ ഫലമൂലങ്ങളെ ആഹരിച്ച് തപസ്വികളായി കഴിയുന്ന തങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ലെന്നും നാട്ടിലുള്ളവർക്കാണ് പണത്തിന്റെ ആവശ്യമെന്നും അതിനാൽ ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അവരാ ഉദാര സമ്മാനത്തെ വിനയപൂർവ്വം തിരസ്കരിച്ച് സഭ വിട്ടിറങ്ങിപ്പോന്നു അതും കൂടി സംഭവിച്ചപ്പോൾ മഹാരാജാവിനും മറ്റ് സദസ്യർക്കും ആ കുട്ടികളെ കൂടുതൽ മതിപ്പും ആശ്ചര്യവുമായി അതിന്റെ ഫലമായി അപ്പോൾ മുതൽ എല്ലാവരും ആ കുട്ടികളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി മഹാരാജാവ് ചാരന്മാർ മുഖേന നിഷ്കൃഷ്ടാന്വേഷണം നടത്തി അധികം താമസിയാതെ അവർ സീതാപുത്രന്മാരാണെന്നും സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണുള്ളതെന്നും വാൽമീകിയാണ് കുട്ടികൾക്ക് വേണ്ടുന്ന സംസ്കാരങ്ങളൊക്കെ ചെയ്തതെന്നും അറിവായി ശത്രുഘ്നോട് വാൽമീകി മഹർഷിയെ കൂട്ടിക്കൊണ്ടുവരാൻ മഹാരാജാവ് കൽപ്പിച്ചു അതിനെ പുരസ്കരിച്ച് ശത്രുഘ്നൻ അനേകം പരിവാരങ്ങളോടുകൂടി പോയി വാൽമീകി മഹർഷിയെ കണ്ട് വന്നിച്ച് അറിയിച്ചു അത് കേട്ട് സന്തുഷ്ടനായ അപ്പോൾ തന്നെ അരമേനയിലേക്കും യാത്രയായി അശ്വമേധ യാഗശാലയിൽ വെച്ച് ഭഗവാനും വാൽമീകി മഹർഷിയും തമ്മിൽ കണ്ടു പല വർത്തമാനങ്ങളും അന്യോന്യം പറഞ്ഞു സീതാ പരിത്യാഗം മുതൽ അതുവരെയുള്ള സീതാ വൃത്താന്തം മുഴുവൻ വാൽമീകി ശ്രീരാമചന്ദ്രനെ അറിയിച്ചു ഭഗവാൻ വളരെ വ്യസനിച്ചു അവസാനം ഒരിക്കൽ കൂടി സീതാദേവി ജനസമക്ഷം താൻ നിഷ്കളങ്കയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പക്ഷം വീണ്ടും സ്വീകരിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവന്ന് ജനസമക്ഷം സത്യം ചെയ്യിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത് വാൽമീകി അപ്പോൾ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു മനുഷ്യന്മാരുടെയും ദേവന്മാരുടെയും ഇടയുമെന്ന് വേണ്ട സർവ്വജീവികളുടെയും ഇടയിൽ ആശ്ചര്യകരവും ആശാജനകവുമായ ഈ വാർത്ത പരന്നു ശ്രീരാമചന്ദ്രൻ വീണ്ടും സീതാദേവിയെ സ്വീകരിക്കാൻ പോകുന്നു എന്ന വർത്തമാനത്തെ സർവജീവി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു പിറ്റേ ദിവസം പ്രഭാതമായതോടെ എല്ലാ ജനങ്ങളും ദേവന്മാരും സീതാദേവിയെ കാണാനും ദേവിയുടെ സത്യവാചകത്തെ കേൾക്കാനും ഉത്സുഖരായി യാഗശാലയുടെ ചുറ്റും വന്നു നിറഞ്ഞു ക്രമേണ വാൽമീകി മഹർഷിയും സീതാദേവിയോടുകൂടി യാഗശാലയിൽ പ്രവേശിച്ചു ശ്രീരാമചന്ദ്രനും മറ്റ് രാജാക്കന്മാരും മന്ത്രിമുഖ്യന്മാരും മഹർഷിമാരും ബ്രാഹ്മണരും സാമന്തന്മാരുമെന്നുവേണ്ട വമ്പിച്ചൊരു ജനസഞ്ചയം തന്നെ ദേവിയുടെ സത്യവാചകത്തെ കേൾക്കാൻ ഉത്കണ്ഠാപൂർവ്വം അവിടെ നിറന്നിരുന്നു ആ നിറഞ്ഞ സഭയിൽ ആദ്യം വാൽമീകി മഹർഷി തന്നെ പല പ്രതിജ്ഞകളും ചെയ്തു സീതാദേവി പരമനിഷ്കളങ്കയും പതിവ്രതയുമാണെന്ന് താൻ ശപഥം ചെയ്യുന്നു അതിൽ അല്പം പോലും അസത്യമുണ്ടെങ്കിൽ താൻ ഇതുവരെ ചെയ്തു തപസ്സിന്റെ ഫലം മുഴുവനും നശിക്കട്ടെ എന്നും മറ്റുമാണ് വാൽമീകിയുടെ പ്രതിജ്ഞാവാചകങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അവസാനം ദേവി തന്നെ രംഗത്തിൽ പ്രവേശിച്ചു വിലയേറിയ തന്റെ സ്ത്രീധർമ്മത്തിന് താൻ അല്പം പോലും ഭംഗം വരുത്തിയിട്ടില്ല ഇത് പരമാർത്ഥമാണെങ്കിൽ തന്റെ അമ്മയായ ഭൂദേവി തനിക്ക് സ്ഥാനം തരട്ടെ എന്നതായിരുന്നു സീതാദേവിയുടെ സത്യവാചകം അത് പറഞ്ഞു കഴിഞ്ഞതോടെ സർവജനങ്ങളെയും ആശ്ചര്യപ്പെടുത്തുമാർ ദേവിയുടെ മുമ്പിൽ ഭൂമി പിളർന്ന് രത്നസിംഹാസനത്തോടെ ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ടു സീതാദേവിയെടുത്ത് സിംഹാസനത്തിലിരുത്തി പെട്ടെന്നന്തർദാനവും ചെയ്തു നോക്കിക്കണ്ടു നിന്നവരെല്ലാം ആശ്ചര്യസ്തബ്ധരായി ശ്രീരാമചന്ദ്രൻ കഠിനമായി വ്യസനിച്ചു എങ്കിലും വശിഷ്ഠാദികളുടെ ഉത്ബോധനം കൊണ്ട് ശാന്തനാവുകയും ചെയ്തു അശ്വമേധയജ്ഞം കഴിഞ്ഞ് അവഭൃത സ്നാനവും കഴിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു ധർമ്മ സംസ്ഥാപനത്തിനുവേണ്ടി മർദ്രയോനിയിൽ അവതരിച്ച് സാക്ഷാൽ ശ്രീ നാരായണനാകുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ അവതാര പ്രയോജനം നിറവേറ്റിയെന്നും ഇനിയും ഭൂമിയിലിരിക്കേണ്ട ആവശ്യമില്ലെന്നും ബോധിച്ച് സ്വർഗാരോഹണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി രാമമാതാവായ കൌസല്യാദേവിക്ക് അപ്പോൾ ബോധോദയമുണ്ടായി തന്റെ പുത്രനായ രാമചന്ദ്രൻ മനുഷ്യനല്ല സാക്ഷാൽ ഈശ്വരനാണ് രാവണാദി അധർമ്മികളെ കൊന്ന് ലോകത്തിൽ ധർമ്മ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി തന്റെ പുത്രത്വേന അവതരിച്ചതാണ് ഇതുവരെ നടന്നതെല്ലാം ആ ഈശ്വരന്റെ ദിവ്യ ലീലകളാണ് അവതാരപ്രയോജനം കഴിഞ്ഞ് ഇപ്പോൾ സ്വർഗാരോഹണത്തിന് ഒരുങ്ങിയിരിക്കെയാണ് എന്നൊക്കെ ദേവിക്കറിയാൻ കഴിഞ്ഞു എന്നാൽ ഈ സന്ദർഭം വേണ്ടപോലെ പ്രയോജനപ്പെടുത്താമെന്ന് കരുതി പണ്ട് ദേവഹൂദീദേവി തന്റെ പുത്രനായ കപിലവാസുദേവനെ സമീപിച്ച പോലെ കൌസല്യദേവി തന്റെ പുത്രനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സമീപിച്ച് ഈശ്വരബുദ്ധിയോടെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അജ്ഞയായ തന്നെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കണമെന്നും അജ്ഞാനസ്വരൂപമായ സംസാരത്തിന്റെ ബാധ ഇനിമേലെങ്കിലും തനിക്കുണ്ടാവാതിരിക്കത്തക്ക നിലയിൽ സത്യമായ ജ്ഞാനം തനിക്കുപദേശിച്ച് തരണമെന്നും അപേക്ഷിച്ചു അമ്മയുടെ ഏറ്റവും ആവശ്യപരമായ ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൌസല്യാദേവിക്ക് ജ്ഞാനമുപദേശിക്കാൻ തുടങ്ങി കർമ്മയോഗം ഭക്തിയോഗം ം ഇങ്ങനെ മൂന്നാണ് ഈശ്വരനെ അല്ലെങ്കിൽ ആത്മാവിനെ അറിയാനും പ്രാപിക്കാനുമുള്ള മാർഗങ്ങൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്ന പക്ഷം മൂന്നും ശ്രേഷ്ഠങ്ങളാണ് എങ്കിലും അവയിൽ വച്ച് ഏറ്റവും സുഗമമാണ് ഭക്തിയോഗമെന്ന് പറയപ്പെട്ടു വരുന്നു സംസാരവസ്തുക്കളിലും സംസാരാനുഭവങ്ങളിലും തീവ്രമായ വൈരാഗ്യമുണ്ടായിരിക്കണം എങ്കിലേ ഏത് യോഗവും പ്രയോജനപ്പെടാൻ പോകുന്നുള്ളൂ മിത്യാധവും ദുഃഖാത്മകതയും ബോധിക്കണം അവയെ ബോധിപ്പിക്കാറാവണമെങ്കിൽ തത്വവിചാരം ചെയ്യണം കർമ്മങ്ങളിലും അനുഭവങ്ങളിലുമുള്ള കർത്തൃത്വവും ഭോക്തൃത്വവുമാണ് ജീവനെ ബന്ധിക്കുന്ന കയറുകൾ അവ നിലനിൽക്കുന്നതാകട്ടെ ഇച്ഛഹേതു ആയിട്ടുമാണ് അതിനാൽ ആദ്യം തന്നെ സംസാരാനുഭവങ്ങളിൽ ഒന്നിലും അൽപ്പം പോലും ഇച്ഛയില്ലാതാവണം ഒന്നിലും ഇച്ഛയില്ലാതായി തീരുമ്പോൾ തികച്ചും അകർത്താവും അഭോക്താവുമാവാൻ സാധിക്കും അങ്ങനെ പരമനിഷ്കാമനായി ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും പൂർണമായി ഈശ്വരാർപ്പണം ചെയ്യുകയും ഈശ്വരനെ മാത്രം കാക്ഷിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് പ്രസ്തുത കർമ്മയോഗത്തെ വേണ്ട ആചരിക്കുന്ന പക്ഷം കാലം കൊണ്ട് ജീവന്റെ എല്ലാ കർമ്മവാസനകളും ക്ഷയിച്ച് കർത്തൃത്വ ബന്ധത്തിൽ നിന്ന് വിടുതി കിട്ടും കർത്തൃത്വത്തിൽ നിന്നും ഭോക്തൃത്വത്തിൽ നിന്നും വിടുതി കിട്ടുമ്പോൾ മാത്രമേ തന്നെ അറിയാറാവൂ തന്നെ അറിയുമ്പോൾ മാത്രമേ തന്റെ ലക്ഷ്യത്തെയും അറിയാൻ സാധിക്കും സംസാരത്തെ മുഴുവൻ പരമദുഃഖസ്വരൂപമായി കണ്ട് എല്ലാറ്റിനെയും വെറുത്ത് സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരനെ സർവാത്മനാ ശരണം പ്രാപിച്ച് ഈശ്വരനിൽ നിരതിശയമായ പ്രേമത്തെ വളർത്തലാണ് ഭക്തി അതും തന്റെ ചിത്ത സംസ്കാരത്തിനനുരൂപമായിരിക്കും ഗുണസംസ്കാരങ്ങളുടെ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി ശാസ്ത്രങ്ങൾ ഭക്തിയെ തന്നെ നാലായി തരംതിരിച്ചിട്ടുണ്ട് ചിത്തത്തിൽ തമോഗുണം വളർന്നിരിക്കുമ്പോൾ രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളും വർദ്ധിച്ചിരിക്കും അവയോടുകൂടിയായിരിക്കും ഈശ്വരപ്രേമവും വളരുന്നത് അതുപോലെ രജോഗുണം വളർന്നിരിക്കുമ്പോൾ കർമ്മങ്ങളിലും അനുഭവങ്ങളിലുമുള്ള ഇച്ഛയും അഭിമാനവും വർദ്ധിച്ചിരിക്കും അപ്പോഴുണ്ടാവുന്ന ഈശ്വരപ്രേമവും അതോടുകൂടിയായിരിക്കും വളരുന്നത് സത്വഗുണത്തിന്റെ ആധിക്യമാണ് ചിത്തത്തിലുള്ളതെങ്കിൽ കർമ്മനിവൃത്തിയും ഈശ്വരപ്രാപ്തിയുമായിരിക്കും ഇച്ഛ അപ്പോൾ വളരുന്ന ഈശ്വരപ്രേമം അതോടുകൂടിയുമായിരിക്കും ഗുണഭാവങ്ങൾ കേവലം അകന്ന നിലയിലുള്ള ഈശ്വരപ്രേമേ കൈവല്യപ്രാപ്തിക്ക് കാരണമാവും അപ്രകാരമുള്ള ഭക്തിയാകട്ടെ അത്യന്ത ദുർലഭവുമാണ് ദുർലഭമാണെങ്കിലും എത്ര സാഹസപ്പെട്ടും അതിനെ സമ്പാദിക്കുകയാണ് വേണ്ടത് ഭക്തിയുണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ടതില്ല എല്ലാം താനേ വന്നു ചേരും എന്നാൽ ഭക്തിയുണ്ടാവുക എന്നതാവട്ടെ വളരെ വിഷമവുമാണ് സകല വിക്ഷേപങ്ങളുമകന്ന് ചിത്തം പരമപരിശുദ്ധമാവുമ്പോൾ മാത്രമേ നിർഗുണയായ ഭക്തിയുണ്ടാവൂ ഈശ്വരന്റെ സർവാത്മകതയെയും പരമനിർഗുണതയെയും ബോധിച്ച് സകല നാനാത്വങ്ങളെയും ഗുണഭാവങ്ങളെയും വിട്ട് ഈശ്വരനുമായി തന്മയത്തെ പ്രാപിക്കലാണ് ജ്ഞാനയോഗം മനുഷ്യാദിശരീരങ്ങളായും പ്രതിമകളായും ഈശ്വരനെ ആരാധിക്കുകയും ഉപാസിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും പ്രതിമകളോ ശരീരങ്ങളോ അല്ല ഈശ്വരൻ എല്ലാ നാമരൂപങ്ങളിൽ നിന്നും ഗുണധർമ്മങ്ങളിൽ നിന്നും അതീതനും സത്താമാത്ര സ്വരൂപിയും സർവത്ര വ്യാപ്തനുമാണ് എങ്കിലും തന്റെ ഹൃദയത്തിലാണ് ഉപാസിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യേണ്ടത് തന്നിൽ താനായി തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരമേശ്വരനെ തന്നിൽ തന്നെ കണ്ടറിഞ്ഞുണർന്ന് താനായി തീരാതെ മറ്റ് സ്ഥലങ്ങളിലോ വസ്തുക്കളിലോ അന്വേഷിക്കുന്നത് എത്ര മൂഢത്വമാണ് ഇങ്ങനെ അധ്യാത്മധർമ്മത്തെ ശരിയാമണ്ണം മനസ്സിലാക്കി ജ്ഞാനമോ ഭക്തിയോ ഏതെങ്കിലും ഒന്നുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം കൊണ്ടുമോ തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്ന പരമേശ്വരനെ അറിഞ്ഞ് സാക്ഷാത്കരിക്കണം എന്നിങ്ങനെയാണ് ഭഗവാൻ അമ്മയായ കൌസല്യദേവിക്ക് നൽകിയ ജ്ഞാനോപദേശം സന്തുഷ്ടയും കൃതകൃത്യുമായ മാതാവ് പുത്രനെ ലോകാചാര്യനായ സാക്ഷാൽ ഈശ്വരനായി കണ്ടു പണ്ട് തന്നെ ചിത്രകൂടത്തിൽ വെച്ച് കൈകേയി ദേവിക്ക് ഭഗവാൻ ജ്ഞാനോപദേശം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൈകേയി വളരെ മുമ്പ് തന്നെ കൃതകൃത്യായി കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ ശരീരത്തെ വിട്ട് സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്തു അധികം താമസിയാതെ ലക്ഷ്മണമാതാവായ സുമിത്രയും സ്വർഗതയായി അവർ രണ്ടാളും ദശരഥനോടുകൂടി സ്വർഗീയ സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് സ്വർലോകത്ത് കഴിയാൻ തുടങ്ങി പിന്നീട് ഭരതാദികളും അവരുടെ പുത്രന്മാരുമൊക്കെ പലയിടത്തും നഗരം നിർമ്മിക്കുകയും ഭരണം നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെയും കാലം കുറെ കഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം അസാധാരണമായൊരു വിശേഷ സംഭവമുണ്ടായി ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും പതിവ് പോലെ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുമ്പോൾ പണ്ടൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു താപസൻ അരമനയിലേക്ക് കയറി വന്നു ലക്ഷ്മണനാണ് അദ്ദേഹത്തെ ആദ്യം കണ്ടതും കുശലപ്രശ്നം ചെയ്തതും ആവശ്യമെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മഹാരാജാവിനെ കാണാൻ വന്നതാണെന്ന് വ്യക്തമാക്കി ലക്ഷ്മണൻ വേഗത്തിൽ ഭഗവാനെ വിവരമറിയിച്ചു ഭഗവാന്റെ ആജ്ഞപ്രകാരം അദ്ദേഹത്തെ ലക്ഷ്മണൻ അകത്ത് മഹാരാജാവിനടുക്കലേക്ക് ആനയിച്ചു കാഴ്ചയിൽ യോഗ്യനെന്ന് തോന്നുന്ന അദ്ദേഹത്തെ ഭഗവാൻ വേണ്ടപോലെ ഉപചരിച്ചിരുത്തി കുശലപ്രശ്നം ചെയ്തശേഷം വന്ന കാര്യത്തെപ്പറ്റി അന്വേഷിച്ചു അതിപ്രധാനമായൊരു കാര്യമറിയാൻ വന്നതാണ് എന്നാൽ അതാരും കേൾക്കാനോ കാണാനോ അറിയാനോ പാടില്ല മൂന്നാമതൊരാൾ ഇവിടെ ഉണ്ടാവാനും പാടില്ല അങ്ങനെയായാൽ കാര്യം പറയാം എന്നാണ് താപസന്റെ ആദ്യത്തെ വാക്ക് അത് കേട്ടതോടെ ലക്ഷ്മണനെ വിളിച്ച് ദ്വാരപ്രവേശത്ത് കാവൽ നിൽക്കാൻ ആജ്ഞാപിച്ചു ഒരു ജീവിയും അകത്ത് കടന്നുവരാൻ പാടില്ല സംഭാഷണത്തിനിടയിൽ അഥവാ ആരെങ്കിലും കടന്നുവരാനിടയായാൽ അപ്പോൾ തന്നെ അവനെ നിഗ്രഹിക്കുമെന്ന് ഭഗവാൻ പ്രതിജ്ഞയും ചെയ്തു അതുപ്രകാരം ലക്ഷ്മണൻ ദ്വാരപ്രദേശത്ത് അതിജാഗ്രതയോടെ കാവൽ നിൽക്കുകയും ചെയ്തു അനന്തരം ഭഗവാനും ആ താപസശ്രേഷ്ഠനും കൂടി സംഭാഷണം ആരംഭിച്ചു അദ്ദേഹം ആരാണെന്നാണ് ഭഗവാൻ ആദ്യം അറിയുവാനുള്ള ഇച്ഛയുണ്ടായത് തന്നെ ആദ്യം ചോദ്യം ആരംഭിച്ചു സർവത്തെയും സംഹരിക്കുന്ന കാലശക്തിയാണ് താനെന്നും ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം സ്വരൂപത്തെ പ്രാപിച്ച് ഇവിടെ ബ്രഹ്മസന്ദേശത്തെ അറിയിക്കാൻ വന്നതാണെന്നും താപസൻ വ്യക്തമാക്കി ഭൂമിയിൽ ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാകുന്ന ധർമ്മ സംസ്ഥാപനത്തിനുവേണ്ടി അവതരിച്ച സാക്ഷാൽ നാരായണനാണല്ലോ അവിടുന്ന് അവതാരപ്രയോജനം മിക്കവാറും അവസാനിച്ചു കഴിഞ്ഞു കാലവും വളരെയായി അതിനാൽ ഇനി താമസിയാതെ ഭൂലോകത്തെ വിട്ട് സ്വർലോകത്തേക്ക് എഴുന്നള്ളണം ഇതാണ് ബ്രഹ്മദേവന്റെ സന്ദേശത്തിന്റെ ചുരുക്കം ഈ വിഷയത്തെ താമസവേഷധാരിയായ കാലൻ വളരെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മധ്യേ ദുർവാസസും മഹിർഷിയും കയറി വന്നു ലക്ഷ്മണൻ അനുനയ വാക്കുകളെക്കൊണ്ട് അദ്ദേഹത്തെ അകത്തുവിടാതെ നിർത്താൻ വളരെ ശ്രമിച്ചു നോക്കി പക്ഷേ ഫലിച്ചില്ല ഇനിയും തന്നെ താമസിപ്പിക്കുന്ന പക്ഷം വംശത്തെ മുഴുവൻ ശപിച്ചു ഭസ്മമാക്കുമെന്നായി ദുർവാസസ് ലക്ഷ്മണന് ഭയമായി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിച്ചു അവസാനം ശാപം കൊണ്ട് അനേകമാളുകൾ നശിക്കുന്നതിനേക്കാൾ താൻ ഒരാൾ നശിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അതിനാൽ ലക്ഷ്മണൻ ഭഗവാനോട് വിവരമറിയിക്കാൻ വേണ്ടി സംഭാഷണമധ്യേ അകത്തേക്ക് കടന്നുചെന്നു ലക്ഷ്മണനെ കണ്ടതോടെ താപസൻ സംഭാഷണം നിർത്തി ഭഗവാനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു ചെയ്തു ഭഗവാൻ എല്ലാ പ്രകാരത്തിലും സ്വർഗാരോഹണത്തിന് തയ്യാറാവുകയും ചെയ്തു പിന്നീട് ദുർവാസസു മഹർഷിയെ കണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യത്തെയും നിറവേറ്റി പറഞ്ഞയച്ചു അനന്തരം ഭഗവാൻ വളരെ കുണ്ഠിതപ്പെട്ടു തന്റെ പ്രതിജ്ഞ നിറവേറണമെങ്കിൽ ലക്ഷ്മണനെ കൊല്ലണം ഇതാണ് കുണ്ഡിതത്തിന് കാരണം അനന്തരം വശിഷ്ടാദി പുരോഹിതന്മാരെയും സുമന്ത്രാദി മന്ത്രി മുഖ്യന്മാരെയുമൊക്കെ വിളിച്ചുവരുത്തി സഭയിൽ വെച്ച് ഭഗവാൻ കാര്യമെല്ലാം പറഞ്ഞു ലക്ഷ്മണനെ ഉപേക്ഷിച്ചാലും പ്രതിജ്ഞയെ ഉപേക്ഷിക്കാൻ പാടില്ലെന്നാണ് അവരുടെ അഭിപ്രായം ലക്ഷ്മണനും അതിനെ തന്നെ ബലമായി വാദിച്ചു അവസാനം കൊല്ലുന്നതും ഉപേക്ഷിക്കുന്നതും തുല്യമാണെന്ന നിലയിൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ തീർച്ചപ്പെടുത്തി അതുപ്രകാരം ലക്ഷ്മണനോട് ഇഷ്ടം പോലെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളുവാൻ കൽപ്പിച്ചു ഭഗവാൻ ലക്ഷ്മണൻ പോയ ശേഷം അസഹ്യമായ പശ്ചാത്താപം കൊണ്ടും വ്യസനം കൊണ്ടും ആർത്തനായി ഭഗവാൻ ഭരതനെ പട്ടാഭിഷേകം കഴിച്ച് രാജാവാക്കി താനും ലക്ഷ്മണനെ അനുഗമിക്കുകയാണെന്ന് പറഞ്ഞു പുറപ്പെട്ടു ഭഗവാൻ അപ്പോൾ സർവജനങ്ങളും വല്ലാതെ വ്യസനിച്ചു പരവശരായി നിലത്ത് വീണുരുണ്ട് നിലവിളിക്കാൻ തുടങ്ങി വശിഷ്ഠ മഹർഷി ആ ദയനീയ രംഗത്തെ കണ്ട് മനസ്സലിഞ്ഞ് ഭഗവാനോട് അവരെയെല്ലാം സമാധാനിപ്പിക്കാൻ പറഞ്ഞു അനന്തരം എല്ലാവരും ഭഗവാനോട് ഒരുമിച്ച് എവിടേക്കും പോവാൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ സർവ്വജനങ്ങളോടും കൂടി പ്രഭാതത്തിൽ സരയു നദിയിലിറങ്ങി മനുഷ്യശരീരത്തെ വിട്ട് സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായി എല്ലാവർക്കും ദർശനം കൊടുത്ത് അന്തർദാനം ചെയ്തു ഭഗവാനെ അനുഗമിച്ച മറ്റുള്ളവരും ശരീരം വിട്ട് ഐക്യത്തെ പ്രാപിച്ചു ഇന്നിപ്രകാരമാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ ശ്രീ പാർവതീദേവിയോട് ഉത്തരരാമായണ കഥയെ പറഞ്ഞ് അവസാനിപ്പിച്ചത് പൂർണമദ പൂർണമൂർ പൂർണമുദത്തെ പൂർണസ പൂർണമായ പൂർണമേശിഷ്യ ഓ ശാന് ശാന്